നൂഹലൈഹിസ്ലാമിന്റെ വാർത്ത അവർക്ക് ഓദിക്കേൾപ്പിക്കുക അദ്ദേഹം തന്റെ ജനതയോടു പറഞ്ഞു എന്റെ ജനങ്ങളെ അള്ളാഹുസുബഹാനുഹുത്ത് ആയാല തന്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചതും എൻറെ നിലനിൽപ്പും നിങ്ങൾക്ക് ഭാരമായിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹുസുബഹാനഹുവലയിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങളുടെ തീരുമാനവും നിങ്ങളുടെ പങ്കാളികളെയും നിങ്ങൾ ഒരുമിപ്പിക്കുക പിന്നീട് നിങ്ങളുടെ തീരുമാനം നിങ്ങൾക്കൊരു ദുഃഖമായിരിക്കരുത് ശേഷം എന്റെ കാര്യത്തിൽ വിധി എനിക്ക് സമയം നൽകരുത്